അഥ സദശോധ്യാ വിഭാഗയോ അർജുന ഉവാച യേ ശാസ്ത്രവിധിമുത്സൃജ്യജന് ശ്രദ്ധയാന്വിത താഷ സമോഹോരജസ്ത അർജുനുവാച അർജുനൻ ചോദിക്കുന്നു അദ്ധ്യായത്തിന്റെ ആരംഭത്തില് ഏ ശാസ്ത്രം വിധിം ഏ ശാസ്ത്രവിധിം ഉത്സൃജ്യ യജന്തേ ശ്രദ്ധയാന്വിതാഹ തേശാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമഹ രജഹാതമഹ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവുന്ന ഒരു ചോദ്യമാണ് ഒരു സംശയമാണ് എന്താ അർജുനൻ ചോദിച്ചിട്ടുള്ളത് അല്ലയോ ഭഗവാനേ കൃഷ്ണ ഏ യാതൊരുവൻ ശാസ്ത്രവിധിയും ഉത്സൃജ്യ ശാസ്ത്രവിധിയെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അവനൊന്നും അറിയില്ല ഇതൊക്കെ ഇപ്പൊ സ്വാമി ഇപ്പൊ കേൾക്കുമ്പോഴാണ് തോന്നുന്നത് ഓ നല്ല കാലത്തൊന്നും തോന്നിയില്ലല്ലോ ഞാൻ ആലോചിക്കുക സ്വാമി ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഈ യജ്ഞം നടത്തിയിരുന്നെങ്കിൽ എന്നാ സ്വാമി പറഞ്ഞ പോലെയൊക്കെ ആലോചിക്കായിരുന്നു മതി ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ ശാസ്ത്രവിധിയും ഉത്സൃജ്യ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ ശാസ്ത്രവിധിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു ഒന്നും അറിയില്ലായിരുന്നു എനിക്ക് ശ്രദ്ധയാ അന്വിത എന്നാ ശ്രദ്ധയോടുകൂടിയവരായി ശ്രദ്ധയാന്വിത ശ്രദ്ധയോടുകൂടിയവരായിട്ട് യജന്തേ ഈ യജ്ഞം ചെയ്യുന്നവരുടെ തേഷാം അവരുടെ നിഷ്ഠാതു അവസ്ഥ എന്താ എന്താ അപ്പം അവരുടെയൊക്കെ അവസ്ഥ അവര് ശാസ്ത്രവിധിയൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള അവരുടെയൊക്കെ ഗതി എന്താ അർജുൻ ഇത് അറിയാൻ വലിയ താല്പര്യം നമ്മളെ പോലെ തന്നെയാ അവരുടെ ഗതി എന്താ സത്വം രജ തമം അവര് സത്വഗുണിയായിരിക്കോ അതോ രജോഗുണിയായിരിക്കോ അതോ തമോഗുണിയായിരിക്കോ ഭഗവാനെ എന്താണ് അവരുടെ സ്ഥിതി ഭഗവാൻ പറഞ്ഞു പറയാം ഞാൻ പറഞ്ഞു തരാം ശ്രീ ഭഗവാൻ ഉച്ച ത്രിവിധി സാത് ശൃ ശ്രീ ഭഗവാൻ ഭഗവാൻ മറുപടി പറയുന്നു ത്രിവിധതി ശ്രദ്ധ ദേഹ സാത്വികീ രാജസി ചാമസി ചേ ശൃു എം ശൃണു പറയണു ഭഗവാൻ ദേഹി സ്വഭാവ സാ ശ്രദ്ധേന ദേഹത്തെ ധരിച്ചിട്ടുള്ള അവരുടെ സ്വഭാവ അവരുടെ സ്വഭാവത്തിൽ അവർ അവർ ആ ഏതൊരു ഗുണത്താൽ ഒരുവൻ പ്രഭാവിതനാണോ അതിനനുസരിച്ച് ഗുണം അവർക്കുണ്ടാവുന്ന അതിനനുസരിച്ചിട്ടാണ് നേരത്തെ നമ്മളിത് പറഞ്ഞിട്ടുള്ള സത്വരജ തമോ ഗുണങ്ങളെ അതിനെ ഭഗവാൻ ഒന്ന് വിസ്തരിക്കാൻ പോവാം സ്വഭ സ്വഭാവജാതമായിട്ടുള്ള സാശ്രദ്ധ ആ വിശ്വാസം സാത്വികി സാത്വികവും രാജസി രാജസികവും താമസി താമസവും ച ഇതി ത്രിവിധ ഏവം ഭവതി ഇപ്രകാരം ഇതിനെ മൂന്ന് വിധമായിട്ട് ഉണ്ട് പറയുന്നു താം ശൃണു അതിനെക്കുറിച്ച് നീ കേട്ടാലും ഈ കേട്ടിട്ടുണ്ടല്ലോ അതായത് രാമായണത്തില് ഈ വിശ്രവസിന്റെ പുത്രന്മാരാണ് രാവണനും വിഭീഷണനും കുംഭകർണനും ഇവർ മൂന്ന് പേരും തപസ്സ് ചെയ്തു എന്ന ആരെ രാവണനും കുംഭകർണനും വിഭീഷണനും തപസ്സുണ്ടായിരുന്നു മൂന്ന് പേർക്കും പക്ഷെ അവർ വരിച്ചതോ അവരുടെ ഗുണത്തിനനുസരിച്ചിട്ടുള്ളതിനെ അവർ വരിച്ചു ഒരാള് ഒരു അദ്ദേഹം ഒരു കണ്ടുപിടുത്തത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇത് വളരെ പണ്ടുള്ള കഥയാണ് ഈ പച്ചില പെട്രോൾ വരുന്നതിന് മുമ്പുള്ളതാ അദ്ദേഹം ഇതുപോലെ വെള്ളത്തെ ഇന്ധനമാക്കാനുള്ള ശ്രമം നടത്തി രാമർ ചെയ്തതുപോലെ അങ്ങനെ ആ ഗവേഷണം വളരെ വളരെ വളരെ പുരോഗമിച്ചു പക്ഷെ അങ്ങോട്ട് ആകുന്നില്ല ഇതായി എന്ന് വിചാരിക്കും പക്ഷെ ആവില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രയത്നം മൃതാവിലായിക്കൊണ്ടിരിക്കണം പലരും പ്രോത്സാഹിപ്പിച്ചു അതിനവസാനം അദ്ദേഹം അറിഞ്ഞു ഒരു മലമുകളിൽ ഒരു ദിവ്യനുണ്ട് അദ്ദേഹത്തിന് പോയി കണ്ടാൽ അവിടെ എത്തി ആളെ കണ്ടുകഴിഞ്ഞാൽ കാര്യം നടക്കും പലരും പറഞ്ഞു അതെ മലമുകളിലൊരാളുണ്ട് അയാൾ പറഞ്ഞ് അവര പോയാൽ പറഞ്ഞു തരും പക്ഷേ അവരൊറ്റ ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് ഒരൊറ്റ ചോദ്യം രണ്ടാമതൊന്നും ചോദ്യമില്ല ആ ഒറ്റ ചോദ്യത്തിന് അയാൾ ഉത്തരം തരും ആ ഉത്തരം കൊണ്ട് നിങ്ങൾക്ക് കാര്യം പിടികിട്ടും എന്താ പെട്രോൾ ആവാത്തതെന്ന് ചോദിച്ചാൽ മതി അപ്പൊ പറഞ്ഞുതരും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആ പ്രയത്നം അദ്ദേഹം മലമുകളിലേക്ക് യാത്ര തുടങ്ങി എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് എങ്ങനെയൊക്കെയോ അവിടെ എത്തി ദിവസങ്ങളെടുത്തു എത്തി അപ്പൊ സിദ്ധൻ ഇദ്ദേഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക എവിടെയാണ് സിദ്ധൻ അപ്പൊ ഒരു കുടും കണ്ടു ആ കുടിലിൻ്റെ അവിടെ നോക്കിയ സമയത്ത് ഒരു വളരെ പ്രായമായിട്ടുള്ളൊരു സിദ്ധനയാണ് ഇദ്ദേഹം പ്രതീക്ഷിച്ചത് പക്ഷേ അവിടെ ഇദ്ദേഹത്തിൻ്റെ ധാരണകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ ഒരു സുന്ദരി അവിടെ നാളത്ഭുതപ്പെട്ടു അപ്പോ അവർ ചോദിച്ചു ആ എന്താ വരവിന്റെ ഉദ്ദേശം അല്ല എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് എന്താണ് നിങ്ങൾ കല്യാണം കഴിച്ചാണോ കഴിഞ്ഞു പെട്രോൾ അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ പ്രയത്നമുണ്ട് മല മുകളിലെത്തി ആളെ കണ്ടു പോയി കഥ കഴിഞ്ഞു എന്ന് പറയാം അതുകൊണ്ട് ഇതിവിടെയും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നൂറ്റിയെട്ടാമത്തെ ദിവസമൊക്കെ വരാൻ പോവാണ് ശ്രദ്ധ ആ ശ്രദ്ധയെക്കുറിച്ച് എന്നിൽ നിന്ന് കേട്ടാലും അവരെക്കുറിച്ച് എവിടുന്ന എങ്ങനെയാ ശ്രദ്ധ ഉണ്ടാവുന്നത് എന്നല്ലേ അതൊക്കെ ഭഗവാൻ പറയാൻ പോവാ ശ്രദ്ധ ആ ശ്രദ്ധയെക്കുറിച്ച് എന്നിൽ നിന്ന് കേട്ടാലും അവരെ കുറിച്ച് എവിടുന്ന എങ്ങനെയാ ശ്രദ്ധ ഉണ്ടാവുന്നത് എന്നല്ലേ അതൊക്കെ ഭഗവാൻ പറയാൻ പോവാ ദ്ധക്കുറവിന് എന്തൊക്കെ വേണം അതിനെക്കുറിച്ചൊക്കെ പറയാമോ നോക്കാം സത്ദ്ധാ പുരുഷസൂപ്രദ്ധതി ഹേ ഭാരത ശ്രദ്ധാമയ അയം പുരുഷ യഹ സഹ അല്ലയോ അർജുന ഹേ ഭാരത സർവ എല്ലാ എല്ലാവരിലും സർവെന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളിലും ശ്രദ്ധ ശ്രദ്ധ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ ശ്രദ്ധയെ പറയുന്നത് ശാസ്ത്രയ ഗുരുവാക്യ സത്യബുദ്ധിയവധാരണ സാ ശ്രദ്ധ ആചാര്യസ്വാമികൾ ശാസ്ത്രവാക്യത്തെ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുള്ള വാക്യത്തെ അതുപോലെ അവരുടെ ഗുരുക്കന്മാരുടെ വാക്യത്തിൽ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ അതിൽ അതിനെ സത്യബുദ്ധിയോടുകൂടി അവധാരണം ചെയ്യുക അതിനെ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു ശ്രമം നടത്തുക ഒരു പരീക്ഷണം ഇതാണ് ശ്രദ്ധ അല്ലാതെ രണ്ട് ഈ വലിയ സ്കെയിലെടുത്തിട്ട് ടീച്ചർ അടിക്കില്ലേ ശ്രദ്ധിക്കൂ ഇവിടെ അതല്ല ആ ശ്രദ്ധ അത് അത് വേറെ ഇതാണ് ശ്രദ്ധ കടോപനിഷത്തിൽ നജികേതസിൽ ആവേശിച്ചത് ഇതാ ഇത് ആവേശിക്കണം എന്നാൽ ഈ പ്രേതൊക്കെ ആവേശിച്ചത് പോകും ഇപ്പൊ ഭൂതപിശാചികളൊക്കെ ആവേശിച്ചുവല്ലോ അതൊരു വല്ലാത്തൊരു പ്രയോഗ ആവേശിക്കുക എന്നുള്ളത് ചിലർക്കൊക്കെ ചിലത് ആവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല പിന്നെ അവർക്ക് അതാണ് അങ്ങോട്ട് തോന്നുന്ന അല്ലേ കേട്ടിട്ടുള്ളേ അങ്ങനെ പലർക്കും പലതും ആവേശിച്ച അതെ അപ്പം ശ്രദ്ധ ആവേശിച്ചു കഴിഞ്ഞാലോ സാശ്രദ്ധാ വിവേശ ആവേശിച്ചു പിന്നെ അവനറിയാതിരിക്കാൻ എന്താ പിന്നെ അവനിൽ ചോദ്യം ഉണ്ടാവും പിന്നെ അവനെ അറിയണം അച്ഛ എന്നെ ആർക്കാ കൊടുക്കുന്നത് അച്ഛനോട് ഒരു പ്രാവശ്യമില്ല ദ്വിതീയം തൃതീയം അവൻ മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചു അവൻ പറഞ്ഞു അപ്പ അച്ഛൻ പറഞ്ഞു മൃത്യവേത്വാ ദീതി നിന്നെ ഞാൻ മൃത്യുവിനാണ് കൊടുക്കുന്നത് പിന്നെയാണ് ഉപനിഷത്ത് ആരംഭിക്കുന്നത് ആ ശ്രദ്ധയാണ് അവനെ മൃത്യുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് മൃത്യുവിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുള്ളവൻ മരിക്കാൻ പോകുന്നല്ല സത്യമറിയാൻ സത്യത്തിൻ്റെ അടുത്തേക്ക് മൃത്യുവാണ് സത്യം ഇവിടെ അറിയേണ്ടുന്ന ഒരു സത്യം അതാണ് മരണം മൃത്യുവിനെ അറിയുമ്പോഴാണ് അവൻ അമൃതനാവുന്നത് ആ ശ്രദ്ധയാണ് അവനെ കൊണ്ടുപോയത് എന്ന് പറയുക ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇതാണ് ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും അതിനെ അതിൽ ഒരു അടിയുറച്ച വിശ്വാസം എന്നല്ല അതെങ്ങനെ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് സ്നേഹത്തിൽ നിന്നാണ് ശ്രദ്ധ ഉണ്ടാവുക ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്വേഷണം ഉണ്ടാവും ചെറിയ കുട്ടിയോട് അമ്മയ്ക്ക് തോന്നുന്നത് എന്താണ് ശ്രദ്ധ എന്തുകൊണ്ട് ആ കുട്ടിയിൽ അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട് അതുകൊണ്ട് കുട്ടിയുടെ ശബ്ദം നമ്മൾ നിരീക്ഷിക്കുന്നു കുട്ടിയുടെ ചെയ്തികളൊക്കെ നിരീക്ഷിക്കുന്നു സ്നേഹമുള്ള സ്നേഹം ഉണ്ടാകുമ്പോൾ ശ്രദ്ധയുണ്ടാവും ശാസ്ത്രത്തിലെ സ്നേഹം ഭഗവാനിലെ സ്നേഹമൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധയുണ്ടാവുമെന്ന് പറയും ആ ശ്രദ്ധയെക്കുറിച്ച് പറയണം സത്വാനുരൂപ ഭവതി അത് സത്വാനുരൂപ ഭവതി സ്വഭാവനാരൂപമായിട്ട് അത് ഭവിക്കുന്നു അയം പുരുഷ ഈ പുരുഷൻ ശ്രദ്ധാമയ ഇവൻ ശ്രദ്ധാമയനാണ് നമ്മൾ ശ്രദ്ധാമയന്മാരാണ് അതിനെ ഒന്ന് തെളിയിച്ചെടുക്കേണ്ടതുണ്ട് യഹ യാതൊരുത്തൻ യ ശ്രദ്ധ യാതൊരു ശ്രദ്ധയാണോ സ അവനാ ശ്രദ്ധയുള്ളവനാ പെട്രോൾ ഉണ്ടാക്കാൻ പോയവനെ ഓർക്കുക അവിടെ പോയപ്പോ ഏത് ശ്രദ്ധ പെട്രോൾ ശ്രദ്ധയാണോ അല്ല എന്ന് പറയാം പക്ഷെ പോയിരുന്നത് അതാ പക്ഷെ ഉള്ളില് വേറെ എന്തുകൊണ്ടായിരുന്നു അതുപോലെ ഗീത കേൾക്കാൻ വരും വന്നിരുന്നു കഴിഞ്ഞ എന്നാ ശരി അറയ്ക്ക് നീണ്ടല്ലോ സമയം എന്നാ അങ്ങോട്ട് തുടങ്ങുകയായി ഇനിയിപ്പൊ നാളെ ആരും വരില്ല എന്ന് തോന്നണ്ടല്ലേ ഇങ്ങനെ നീ നേരത്തെ വരുവാരൊക്കെ നീ നിർത്തു സ്വാമി ഇത് എങ്ങനെ ഇല്ല അങ്ങനെ ഒന്നും നിർത്തില്ല അതെ അതെ അപ്പൊ ആ ശ്രദ്ധ ഒരുവന്റെ ശ്രദ്ധയാണ് ഒരുവൻ എന്താണോ നമ്മുടെ സ്വാമിജി പറയും ഈ മൂക്കുപൊടി വലിക്കുന്ന ആള് മൂക്കുപൊടി എടുക്കാൻ മറന്നുപോയാൽ പതിനായിരത്തിന്റെ ഇടയിൽ മൂക്കുപൊടിക്കാരനെ അവൻ കണ്ടെത്തും പെട്ടെന്ന് തന്നെ കണ്ടെത്തും എന്തുകൊണ്ട് ശ്രദ്ധ അത് തന്നെ എന്ത് ശ്രദ്ധ അവന്റെ മൂക്കുപൊടി ശ്രദ്ധ തന്നെ ചില ആളുകളുണ്ട് അതായത് ഇപ്പൊ വളരെ ദൂരത്തൊരു മരണം നടന്നു വളരെ ദൂരത്തെ ഉൾഗ്രാമത്തിലാണ് പക്ഷേ പോയേ പറ്റൂ അപ്പം അങ്ങനെയാ അവിടെ എത്തി എത്തി അതിലൊക്കെ ബന്ധപ്പെട്ടു അതിനെയൊക്കെ അതൊക്കെ കഴിഞ്ഞു പക്ഷേ ഇലേശം പതിവുള്ളതാ ദിവസവും ഇതിപ്പോൾ എങ്ങനെയാണ് പക്ഷേ രാത്രി പതിനൊന്ന് മണിയാവുമ്പോഴേക്കും അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ടാവാത്തത് അതിൽ ശ്രദ്ധയുണ്ട് അടുത്ത ഷാപ്പ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ അദ്ദേഹം അതറിയും എവിടെയോ ആരോ ഇത് പാകം ചെയ്യുന്നുണ്ടെന്നും ആ മൂക്ക് അത് കണ്ടുപിടിക്കുക അത് ആളെ കണ്ട മനസ്സിലാവും ഇതെവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്ന് ശ്രദ്ധയുള്ളവൻ അത് കണ്ടെത്തും അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത് നമുക്ക് ഉറപ്പായിരിക്കണം അത് നമ്മുടെ ശ്രദ്ധയായി മാറണം എന്നാൽ ലോകത്തിൽ നിന്നത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇപ്പം വേണ്ടത് നമുക്ക് എന്തൊക്കെയാണോ അതൊക്കെ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെന്താ കാരണം എന്റെ ശ്രദ്ധ അതായത് കൊണ്ട അതുകൊണ്ടാണ് എനിക്ക് കിട്ടുന്നത് എല്ലാവർക്കും കിട്ടാത്ത എന്തുകൊണ്ടാ എല്ലാ പലർക്കും അതിൽ ശ്രദ്ധ ഇല്ല അപ്പൊ ചിലർ ചിലതൊക്കെ പറയുമ്പോൾ വിചാരിക്കില്ലേ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ ഇവരെന്തിനാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് അതെ ചിലർക്ക് നിസാരം തോന്നുന്നത് ചിലർക്ക് വളരെ സാരമായിട്ടുള്ളതാ അതിലാണ് സാരം സാരവത്തായിട്ടിരിക്കുന്നത് ഭഗവാൻ പറയുന്നു യ ശ്രദ്ധ അവൻ ആ സ്വഭാവം അതിനനുസരിച്ച് സ്വഭാവം ഉള്ളവനായി തീരുന്നു എന്ന് പറയും തുടർന്ന് യജന്തികേവാൻ യക്ഷരക്ഷാസി രാജസാ പ്രേതാൻ ഭൂതഗണാൻ ചന്യേ യജന് താമസ ജന ഓരോരുത്തരുടെ ശ്രദ്ധയെക്കുറിച്ച് പറയാ സാത്വികാ സത്വഗുണപ്രധാനികൾ ദേവാൻ യജന് വന്മാരെ യചിക്കുന്നു ദേവന്മാർ എന്ന് പറഞ്ഞാൽ ദിവ് പ്രകാശമ പ്രകാശ സ്വരൂപമാർന്നത് അവരുടെ പൂജയൊക്കെ അത്തരത്തിലുള്ളതാ അവർ ചൈതന്യവത്തായിട്ടുള്ളതിനെയെ പൂജിക്കുക അതുകൊണ്ട് ദേവന്മാരെ അവർ യചിക്കുന്നു ഒരാൾ ദേവന്മാരെ യചിക്കുക എന്ന് പറഞ്ഞാൽ വനവത്കരണം ദേവന്മാരെ യചിക്കല ഒരു നദിയുടെ ശുദ്ധീകരണത്തിനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു എങ്കിൽ അത് ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ള യജനമാണ് എന്ന് പറയും പൂജയാണ് ഇന്ന് തുടങ്ങിയിട്ട് പ്രകൃതി എല്ലാം ദേവന്മാരാണല്ലോ അതുകൊണ്ട് എല്ലാം ദേവന്മാരായിട്ടാ പറഞ്ഞിരിക്കുന്നത് വായുദേവൻ വരുണദേവൻ അഗ്നിദേവൻ ആ ദേവൻ ഈ ദേവൻ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ദേവൻ സാത്വികാഹ ദേവാന് യജന്റെ സത്വഗുണപ്രധാനികള് ദേവന്മാരെ പ്രകാശമയമാർന്ന എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ അവരാ ചൈതന്യത്തെ പൂജിക്കുന്നു അതിനെ നിലനിർത്താൻ ശ്രമിക്കുന്നു രാജസാഹ രജോഗുണപ്രധാനികളോ യക്ഷരക്ഷാംസിയും യക്ഷന്മാരെയും രക്ഷസുകളെയും ഒക്കെ അവരെന്ത് ചെയ്യുന്നു പൂജിക്കുന്നു അവർക്ക് കുറച്ച് എരിവും പുളിയും ഒക്കെ വേണമെന്ന് പറയാം അങ്ങനെയുള്ളതിനെയൊക്കെ അവർ പൂജിക്കും താമസാഹ എന്നാൽ തമോ ഗുണപ്രധാനികളോ താമസാഹ ജനാ അവർ പ്രേതാൻ ഭൂതഗണാൻ ചജന്തേ പ്രേതങ്ങളെ ഭൂതഗണങ്ങളെ ഒക്കെ യജന്തെ അപ്പൊ ഒരു ടി വിയിൽ പല സീരിയലുകളും ഉണ്ട് അപ്പൊ ഈ ഭൂതപ്രേത സീരിയലുകൾ കാണുന്നതൊക്കെയോ ഈ താമസ യജന്ത എന്ന് പറഞ്ഞാൽ കാണുന്ന അതിനെ പൂജിക്കലാണ് നിങ്ങൾ വിചാരിക്കരുത് മണിയടിച്ചു ഇങ്ങനെ ഇതാക്കുക എന്ന് അതല്ല അതിന് ശ്രദ്ധയുള്ളവരാ അത് കാണുന്നതേ അങ്ങനെയാണ് അങ്ങനെ ഇരുന്നിട്ടാ കാണണം പേടിച്ചുകൊണ്ട് കാണണം ഡ്രാക്കുളയുടെയൊക്കെ സിനിമയ്ക്ക് പോകുന്നത് എന്തിനാ പേടിപ്പിക്കാൻ അങ്ങനെ അവർ അവർ ഭയത്തെ പൂജിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അതാണ് ഏറ്റവും നല്ലത് പ്രേതം എന്ന് പറഞ്ഞാൽ പോയിട്ടുള്ളതിനെ പ്രകർഷണ ഗതം പ്രേതം വരുമോ പ്രേതം വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു പ്രേതം ഉണ്ടോ എപ്പോഴാ വരിക അതങ്ങനെ അന്വേഷിക്കണം ഇതൊക്കെയാണ് അവരുടെ അന്വേഷണം എന്ന് പറയും അതുകൊണ്ട് അവരുടെ പൂജ അവരുടെ ശ്രദ്ധ ഇത്തരത്തിലാണ് അപ്പം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയാണ് കഥ എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിലോ അതുപോലെ എന്താ പണ്ടുള്ള ഈ ഉപനിഷത്തുകളും മറ്റും പറയുന്ന സമയത്താണ് അതെവിടെ വരുന്നതെന്ന് സ്വാമിക്ക് അറിയില്ല എന്നാലും വളരെ പ്രസിദ്ധമാണ് ഗുരു ശിഷ്യന്മാർക്ക് പുനർജനനി മന്ത്രം ഉപദേ ഉപദേശിച്ചു കൊടുക്കുന്നത് ഗുരു പറയും നിങ്ങക്ക് വേണ്ടത്ര ശ്രദ്ധ ആയിട്ടില്ല എന്ന് വേറെ ശിഷ്യന്മാര് പറയാ അല്ല അങ്ങനെയല്ല ആയിട്ടുണ്ട് എന്ന് പറയുന്നത് അവസാനം മന്ത്രം പറഞ്ഞു കൊടുക്കുന്ന പുനർജനനി കേട്ടിട്ടില്ലേ അങ്ങനെ മന്ത്രമൊക്കെ പഠിച്ച് വരുന്ന വഴിയിലാണ് ഒരു സിംഗം സിംഹം എന്താ ചത്തുകിടക്കുന്നത് കണ്ട് എന്നാൽ ശരി ഒന്ന് പരീക്ഷിക്കാം എന്നായി ഓം ഹ്രീം ഹ്ലായ് ഹൂ വിശന്ന് വിശന്നിട്ടാണ് സിംഹം ചത്തത് പിന്നെ ജീവൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട് മൂന്നെണ്ണത്തിനെയാണ് ഒരുമിച്ച് കിട്ടിയത് സിംഹം ഒരു വെടിക്ക് രണ്ടു പക്ഷിയിൽ നിന്നേ കേട്ടിട്ടുള്ളൂ ഇപ്പതാ ഒരു വെടിക്ക് മൂന്ന് ആൾക്കാരാണ് അപ്പൊ ശ്രദ്ധ അങ്ങനെ അവരെ തന്നെ ഇല്ലാണ്ടാക്കുന്നു അത്തരത്തിലുള്ള ശ്രദ്ധ അതിന് ഭഗവാൻ ഇവിടെ ആദ്യം തന്നെ പറയുന്നു മൂന്ന് പ്രകാരത്തിലുള്ള ശ്രദ്ധയുള്ളവർ മൂന്ന് പ്രകാരത്തിലുള്ള ഭജനം യജനം പൂജ അവർ ചെയ്യുന്നു പൂജ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിലാണ് അവരുടെ ശ്രദ്ധ ഇതിനായിട്ട് അവര് കർമ്മം ചെയ്യുന്നു തുടർന്ന് അശാസ്ത്രവിഹിതം ഘോരം തപ്പോജന ദംഭാഹാര സംയുക്ത കാമരാഗലാൻവിത കർഷയ ശരീരസ്ഥം അശാസ്ത്രവിഹിതം ഘോരം തപ്പേ തപോജന ദമ്പഹങ്കാര സംയുക്ത കാമരാഗലന്വിത കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമചേത മാം ചേവ അന്തഹ ശരീരസ്ഥം താൻ വിദ്ധി ആസുരനിശ്ചയാൻ ദമ്പാഹങ്കാര സംയുക്ത പറഞ്ഞിട്ടുള്ളതാണ് ദമ്പം അഹങ്കാരം ഇതിൻ്റെ ചേർച്ചയോടുകൂടിയിട്ടുള്ള കാമരാഗലാൻവിതാഹ ആഗ്രഹങ്ങളുടെയും രാഗങ്ങളുടെയൊക്കെ അങ്ങേയറ്റത്തെ ബലത്തോടുകൂടിയിട്ടുള്ള അചേതസഹ ബുദ്ധിയില്ലാത്ത ഹൃദയശൂന്യരായിട്ടുള്ള ജനാഹ ഏതൊക്കെ ആളുകളുണ്ടോ അവരൊക്കെ ശരീരസ്ഥം ശരീരത്തിലിരിക്കുന്ന ഭൂതഗ്രാമം ഭൂതസമൂഹത്തെയും അന്ധശരീരസ്ഥം സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന മാംച എന്നെയും കർഷകന്തഹ ക്ഷീണിപ്പിക്കുന്നവരാണ് ഭഗവാൻ ഈ ആശയം മുൻപും പറഞ്ഞു അല്ലേ അവരെന്നെ ദ്രോഹിക്കുന്നു എന്ന് പറയാം കർഷയന്തഹ ക്ഷീണിപ്പിക്കുന്നു എന്താ അവർ ചെയ്യുന്നത് പറയണു ഭഗവാൻ അശാസ്ത്രവിഹിതം ഘോരം തപ എങ്ങനെയാണ് അവരെന്നെ പീഡിപ്പിക്കുന്നത് അശാസ്ത്രവിഹിതം ശാസ്ത്രവിഹിതമല്ലാത്ത ഘോരം ഭയങ്കരമായ തപ തപസ്സിനെ തപ്യന്തേ ചെയ്യുന്നു താൻ അവരെ ആസുരനിശ്ചയാൻ ഏവ വിധി അവരെ ആസുരന്മാർ എന്നറിഞ്ഞാലും എന്തൊക്കെ അത്തരത്തിലുള്ള അശാസ്ത്രവിഹിതമായിട്ടുള്ള ഘോരമായ തപസ് അതിൻ്റെ ഉദാഹരണങ്ങൾ ഒന്ന് ചമ്പൂകൻ തലകീഴായിട്ട് തപസ് ചെയ്തത് തന്നെ ഇങ്ങനെ ഈ ചമ്പൂകൻ തലകീഴായിട്ട് തപസ് ചെയ്തതുപോലെ നമ്മളും തലകീഴായിട്ട് പലതും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നറിയാം ഓരോ വലിയ ഇതൊന്നും ഇല്ലാതെ തന്നെ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കോടി ഇത്ര അത് ചെയ്യണം രണ്ട് കോടി ഇത്ര ചെയ്യണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതിൽ കവിളിലൂടെ കുത്തിക്കയറ്റ ശൂലം എന്നിട്ട് ഇവിടെ നാരങ്ങ വെക്കാം ഈ നാരങ്ങ വയ്ക്കൽ നമ്മുടെ ശാസ്ത്രത്തിലൊന്നും ഇല്ലാത്തതാണ് ഈ അയ്യപ്പന്റെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് കണ്ടിട്ടില്ലേ നാര അയ്യപ്പന്റെ ദേവിയുടെ എവിടെയാ ആ ദേവിയുടെ അതെ നാരങ്ങ മുറിച്ചിട്ട് അതിനെ ആക്കി വിളക്ക് കത്തിച്ചു വെക്കാം ഇതൊക്കെ ആ ശാസ്ത്രവിഹിതം ഘോരം തന്നെയാ പൊങ്കൂടെ ചെയ്തിട്ടേ ഉള്ളൂ ഒരു കാര്യം സ്വാമിക്ക് നല്ല ഉറപ്പാണ് നാരങ്ങ ഉണ്ടായത് നിങ്ങൾക്ക് ഇങ്ങനെ വിളക്ക് വെക്കാനല്ല ഇതിന് വലിയ ബുദ്ധിയൊന്നും വേണമെന്നില്ല നിങ്ങക്ക് മൺചിരാതോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കും പ്രകൃതിയിൽ ഇങ്ങനെ സുന്ദരമായ ഒരു സാധനം ഉണ്ടായത് ഇങ്ങനെ നശിപ്പിക്കാനുള്ളതാ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ട് പ്രസാദമായിട്ട് സ്വീകരിച്ചിട്ട് വേണമെങ്കിൽ ഉപ്പും വെള്ളവും കൂടെ കലക്കിയൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഉഷാറ് കിട്ടും ഒരു പകും കൂടെ വിട്ടാ സോട ചേർക്കുമ്പോ അല്ലാതെ ഇതിങ്ങനെ കത്തുമ്പം എന്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ കത്തിത്തീരും ആ ശാസ്ത്രവിഹിതം ഒരു സംശയവും വേണ്ട ഇങ്ങനെ കുറെ അന്ധവിശ്വാസങ്ങളുണ്ട് ഈ സ്വാം്രാണിങ്ങനെ പുകയ്ക്കിയ കുറ്റി കുറ്റിയായിട്ട് കണ്ടിട്ടുണ്ടോ ചിലടത്തൊക്കെ പോയി കഴിഞ്ഞാല് നമ്മളങ്ങനെ പ്രഭാഷണം അങ്ങനെ ധ്യാന ശ്ലോകം അങ്ങനെ തുടങ്ങുമ്പോഴേക്കും കാണാം ഈ ഒരു ഇത്ര രണ്ട് കുറ്റി മുമ്പ് നാല് ഭാഗത്ത് ഇങ്ങനെ ദൂരേന്ന് നോക്കുമ്പോ സ്വാമി എന്തോ അങ്ങനെ പുകയില്ല അതെ കുറെ ഇങ്ങനെ ഒരു നേരെ ചന്ദനത്തിരിയുടെ നേരെ മൂക്കിനിങ്ങനെ കണക്കായിട്ട് മെഡിറ്റേഷൻ ഘോരമായിട്ടുള്ള പലതും നമ്മൾ ചെയ്യുന്നുണ്ട് ഞാൻ വെള്ളം ഇറക്കില്ല സ്വാമി ഇപ്പൊ പതിനേഴ് ദിവസം ഇരുപത്തൊന്ന് ദിവസം ചാവാ വെള്ളം ഇറക്കില്ല എന്നിട്ട് ഇപ്പൊ അൾസർ ഏകദേശം ഒരു പരുവത്തിലായിട്ടുണ്ട് ഈ അശാസ്ത്രവിഹിതമായിട്ടുള്ള ഘോരമായിട്ടുള്ള ദിനര്യകളിലൂടെ തപോ തപസിലൂടെ തപസ്സെന്നു പറഞ്ഞ തപിപ്പിക്കുന്നത് ചൂട് അവരെന്നെ തന്നെയാണ് പീഡിപ്പിക്കുന്നത് നമുക്കിങ്ങനത്തെ കുറെ മൂഢത്തരങ്ങളുണ്ട് കൊറേ ഉണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ എവിടെയും പറഞ്ഞിട്ടില്ല എങ്ങനെയൊക്കെയാ എന്തൊക്കെയാ എങ്ങനെയാ ഭഗവാനെ പൂജിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നാരങ്ങ മുറിച്ച് പകുതിയാക്കിയിട്ട് അതിനെ കമഴ്ത്തിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് തിരിയിട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞതുണ്ടെങ്കിൽ കാണിച്ചു തരണേ നമുക്ക് നമ്മൾ അത് ആഗ്രഹിക്കുന്നു കാണാൻ അതുപോലെ കോഴി വെട്ട് എന്നാ ഒരു കോഴിയെ കുറുക്കന് കൊടുത്താൽ അത്രയും ഉപകാരമുണ്ട് അതെ അങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് ഇപ്പൊ സ്വാമി എണ്ണി എണ്ണി പറയുമ്പോ ചിലപ്പോ നിങ്ങക്ക് വിഷമം തോന്നും ഇതൊക്കെ ചെയ്യുന്നതാണല്ലോ ശാസ്ത്ര വിഹിതം ഘോരെന്ന് പറയുമ്പോ ചോര വരുന്നത് മാത്രമല്ല ഒരുപാടുണ്ട് ഞാൻ വെട്ടലത് വേറെ അല്ലേ അതിങ്ങനെ വെട്ടുക എനിക്ക് വേണ്ടി വെട്ടാൻ കാശ് കൊടുക്കണം ഈ വെട്ടുന്നാക്ക് അങ്ങനെയുണ്ട് ഈ കോമരത്തിനെ കണ്ടിട്ടില്ലേ ഒരാളിങ്ങനെ ഉറഞ്ഞിങ്ങനെ തുള്ളിയാണ് എന്താണ് എതറും ഞാൻ എതറും ോർത്ത് മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് കണ്ണൂർ ആ ഭാഗത്തേക്കൊക്കെ പോയാൽ അങ്ങനെ വെളിച്ചപ്പാട് ഇങ്ങനെ തുള്ളിയിട്ട് അങ്ങനെ വരും എതറും എതറും എന്ന് പറഞ്ഞാൽ ഞാൻ വിതയ്ക്കുന്നു എന്താ ആ വസൂരി ഞാൻ എതറും എന്താ വേഗം കൊടുക്കാനാ അപ്പൊ ഒരാൾ ഈ എതറും എന്ന് പറയുന്നവനെ ഇയാൾക്ക് നന്നായിട്ട് അറിയാം അപ്പൊ കുറച്ച് ഇതിലുമാണ് നീയൊന്നും മിണ്ടാതെ ഇരി ഹരിദാസ നീ കുറയുന്നതല്ല എതിറും എന്ന് പറയുന്നത് അതോടുകൂടി കോമരത്തിന്റെ എതിർ കഴിഞ്ഞു അവരുടെ ഒരു ലാംഗ്വേജ് ഉണ്ട് ഇളം കൊലയിൽ നിന്ന് ഞാൻ അരിക്കിടും എന്ന് പറഞ്ഞു ഇളം കൊലയിൽ നിന്ന് ഞാൻ അരിക്കിടും എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഞാൻ കൊല്ലും ചെറിയ കൊലയിൽ നിന്ന് അരിക്കുക അത് അവരുടെ ഭാഷയാണ് വേഗം എടുത്ത് കൊടുക്കും നമ്മൾ ഒന്നും ചെയ്യേണ്ട പേടിയാ അശാസ്ത്രവിഹിതം ഘോരം അതിനൊക്കെ പോയി അങ്ങനെ നിന്നു കൊടുക്കുക രണ്ടങ്ങനെ മുറുകുമ്പോൾ അങ്ങനെ വെട്ടിങ്ങനെ തുടങ്ങും ഇതാരും ഇല്ലെങ്കിൽ ആരും വെട്ടാണ്ടാവില്ല ഒരാളുടെയും മുൻപിൽ ഇങ്ങനെ വെട്ടണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്കിതിലൊക്കെ വലിയ താല്പര്യമാണ് ഇത്തരത്തിൽ അതൊക്കെ ആസുരമാർന്ന ഭാവത്തെ പ്രാപിച്ചിട്ടുള്ളവരാണ് ഇത്തരത്തിൽ എന്നെ പീഡിപ്പിക്കുന്നത് പീഡി സ്വശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടല്ല ഈശ്വരനെ സാക്ഷാത്കരിക്കേണ്ടത് അതിനൊരു പ്രേമപൂർണമായിട്ടുള്ളൊരു സമീപനമുണ്ട് അതാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ശരീരത്തിനെയും മനസ്സിനെയും ചുറ്റു ചുറ്റുപാടിനെയും ഒക്കെ പീഡിപ്പിച്ചുകൊണ്ടല്ല ഈ സത്യം അറിയേണ്ടത് ഒരു സംശയം നിങ്ങൾക്കൊക്കെ ഉള്ള സംശയമായിരിക്കാം അറിയില്ല സ്വാമിക്ക് ശത്രുത ഉള്ള ആളുകള് ചൈവന മന്ത്രം കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചൈവനം എന്ന് പറഞ്ഞ കൈവിഷം അത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ എന്നാ പുതിയതായിട്ട് എഴുതി വെച്ചോളൂ ചൈവനം എന്ന് പറഞ്ഞ കൈവിഷം എന്നിവയ്ക്ക് വല്ല വാസ്തവം ഉണ്ടോന്ന അത് കൈവിഷം തരാൻ പറ്റുമോ എന്നാ ഇത് നമ്മളെ ബാധിക്കുമോ ഇതിനെന്താണ് പ്രതിവിധി ഇതാണ് ചോദ്യം അപ്പൊ കൈവശം തരാൻ പറ്റോ അല്ലെങ്കിൽ കാൽവശം തരാൻ പറ്റോ എങ്ങനെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെ കൈവശം തരാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഇതൊക്കെ പണ്ടുകാലത്തൊക്കെ കേട്ടിട്ടുണ്ട് അവനെ അവള് കൈവശം കൊടുത്ത് വശത്താക്കി നമ്മുടെ ഗവേഷണത്തിൽ ഇങ്ങനെ പറയുന്നവരെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഗവേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അമ്മ പറയുന്നതാണ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയാണ് അവനെ അവൾ കൈവശം കൊടുത്ത് വശത്താക്കി അതിന് എന്താണ് ഉത്തരം എന്ന് ചോദിച്ചാൽ അവന് മുൻപ് കിട്ടാത്ത പലതും പല സ്നേഹവും എന്താ പറയുക ശ്രദ്ധയും മറ്റും ഒക്കെ കിട്ടിയപ്പം ആളങ്ങനെ എന്താ പറയുക ഇപ്പം വളരെ അവർ വലിയ കാര്യമാണ് ഇത്രയുള്ളൂ സംഗതി അപ്പം കൂടുതൽ സ്നേഹവും പരിചരിക്കാനൊരാളും കാത്തു നിൽക്കാനൊരാളും ഒക്കെ ഉണ്ട് എന്നായപ്പോ ആ ശരി നമ്മൾ തമ്മിലങ്ങോട്ട് ഇനി അപ്പോൾ അമ്മയുടെ അമ്മയായിട്ടുള്ള കുറച്ച് സ്നേഹം കുറഞ്ഞു വരുന്നു ഇതിനെയാണ് സാധാരണ കൈവശം കൈവശം എന്ന് പറയുന്നത് ഒരൽപ്പം സ്നേഹം അല്ലെങ്കിൽ ശ്രദ്ധയൊക്കെ കൂടുതൽ കാണിച്ചാൽ ഇവിടെ കുറയുമ്പം മറ്റേയാൾ പറയുന്നതാ ഇതൊന്ന് സാധാരണ ഉപയോഗിക്കാറുണ്ട് വീടുകളിൽ അവനെ അവള് വശത്താക്കി അതിന് പല മന്ത്രങ്ങളുണ്ട് തലയിണ മന്ത്രം എന്നാണ് ഒന്ന് പറയാ മൃത്യുഞ്ജയ മഹാമന്ത്രം പോലെ അത് രാത്രി അവരങ്ങനെ ചെവിയിലിങ്ങനെ പറയും ഉറങ്ങുമ്പോ ഇതിങ്ങനെ പറയുമ്പം ആ അബോധ മനസ്സിലേക്ക് ഇതിങ്ങനെ പോയി പതിയുന്ന പിന്നെ അതിനെ അങ്ങനെ അവർക്ക് അയാളെ മാറ്റിയെടുക്കാൻ സാധിക്കും മാറാൻ അത് അതിനെക്കുറിച്ച് സ്വാമി വിസ്തരിക്കുന്നില്ല മാറ മാറാതിരിക്കാം ഒക്കെ നിങ്ങളുടെ ഇഷ്ടം ഇവിടുത്തെ ചോദ്യം അതല്ല അത്തരത്തില് സ്നേഹപൂർവമായ സമീപനം കൊണ്ട് ഒരാളെ പാടെ മാറ്റിയെടുക്കാൻ എടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് നല്ലത് ആ അമ്മ പറയണം അവനിപ്പം കുറെ കൂടെയൊക്കെ തലക്കേടില്ല അവൾ വന്നതിന് ശേഷം അവനിപ്പം മെച്ചപ്പെട്ടു അങ്ങനെ പറയുന്ന അമ്മമാരും ഉണ്ട് അതിന് കൈവശം എന്ന വാക്ക് അതിനുപയോഗിക്കാറുണ്ട് ഇവിടെ ഇവിടുത്തെ വിഷം കുറച്ച് അധികം ഉള്ള അതായത് ഒരാളെ ഉദ്ദേശിച്ച് അയാളുടെ നാശത്തിന് ആ ഒരു വീട്ടുകാർക്ക് എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള പുരോഗതി വരാൻ പോകുന്നുവെങ്കിൽ അത് തടസ്സം അതെന്തിലൊക്കെയാണ് ഇപ്പൊ ആ വീട്ടിലെ കുട്ടി പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പോവാ അപ്പൊ അവനെ തോപ്പിക്കാൻ എന്തെങ്കിലും ഒരു പൂജ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ആ വീട്ടിലെ കുട്ടികളുണ്ട് വിവാഹാലോചന വരികയാണെങ്കിൽ അതെങ്ങനെ മുടക്കണം അങ്ങനെയുള്ളത് ജോലിയുടെ കാര്യങ്ങൾ ദുബായിലാണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും അവിടുന്ന് ജോലി തെറുപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ ദുർമന്ത്രം എന്ന് പറയും പറഞ്ഞുവല്ലോ കുട്ടിച്ചാത്തിനെ സേവിക്കുന്നവരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ഇവരുടെ അടുത്ത് കേസുണ്ട് ഇവരിപ്പൊ നിങ്ങൾ ഒരു പോയിട്ട് ഈ പറഞ്ഞൊരു കുട്ടിച്ചാത്തനെ കാണുകയാണെങ്കിൽ കുട്ടിച്ചാത്തനെ നേരിട്ട് കാണാൻ പറ്റില്ല ഈ പൂജിക്കുന്ന ആളുകളെ ഇതിന്റെ ആൾക്കാരെ കാ കണ്ടുകഴിഞ്ഞാൽ അവർ ചോദിക്കും നിങ്ങളോട് ചോദിക്കും അതിന്റെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ തന്നെ ഇവിടെ സ്വാമിയുടെ അടുത്ത് ഇനി ആരും ചോദിക്കരുത് എവിടെയാണ് സ്വാമി എന്തായതാ അങ്ങനെയാണ് ഇത് കഴിഞ്ഞു പോകുമ്പോൾ ചോദിക്കും അതാരെ എവിടെയാണ് എന്തായതാ നമുക്കറിയില്ല എന്നാലും ഇപ്പൊ പത്രത്തിലൊക്കെ തന്നെ കാണുമല്ലോ പരസ്യം ചാത്തനേറ് ആ ഏറ് ഈ ഏറ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവര് ചോദിക്കുന്നു നിങ്ങൾക്ക് ആരെ എന്താ ചെയ്യേണ്ടത് അത് ഞങ്ങൾ ചെയ്തു എന്നൊക്കെ പറയും അപ്പം നമ്മളിങ്ങനെ ഞാനിങ്ങനെ ഒരു ആളെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ടുണ്ട് ഈ കാര്യം രഹസ്യമാണെങ്കിലും ഇതവരറിയും എങ്ങനെങ്കിലും എന്തൊക്കെയോ നിങ്ങൾ ഈ ശത്രുക്കൾ പരസ്പരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും കംസൻ ഏതു നേരം ജോലി കൃഷ്ണനെ കുറിച്ച് അന്വേഷിക്കല എന്തുകൊണ്ട് കംസന്റെ ശത്രുവാണ് കൃഷ്ണൻ അതുകൊണ്ട് കൃഷ്ണൻ അങ്ങനെയായിരുന്നില്ല എന്ന് പറയാ അപ്പം ഈ രണ്ട് മനസ്സും ഈ ശത്രു ഇത്യാദി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന മനസ്സും ഉറപ്പില്ലാത്തതാ ആരെക്കുറിച്ചാണോ ചെയ്യിക്കേണ്ടത് അവർക്ക് ഉറപ്പില്ലാത്തതാ അപ്പൊ ഇത് എങ്ങനെ അറിയും എന്തോ എനിക്ക് വേണ്ടി ഇവർ ചെയ്തിട്ടുണ്ട് ആ ഒരു മെസ്സേജ് പാസ് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യണമെന്നില്ല അപ്പൊ നമ്മുടെ ഉള്ളിലത എങ്ങനെയെങ്കിലും നമുക്കത് സംഭവിക്കും അതായത് ആടിക്കളിക്കുന്ന മനസ്സിനുള്ളതാണ് ഈ പണികളെല്ലാം സ്വാമി നിങ്ങളെ വെല്ലുവിളിക്കുക ഏത് കുട്ടിച്ചാത്തിന് വേണമെങ്കിൽ കൊണ്ടുവരാം അങ്ങോട്ട് നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കൂ എന്തെങ്കിലുമൊക്കെ ിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം കുട്ടിച്ചാത്തൻ എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലുമൊക്കെയാണോ വല്ല കുട്ടിച്ചാത്തന്മാർ ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ടെങ്കിൽ സ്വാമി അവരെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാം എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മറുമരുന്നിന് നമ്മൾ പോവാതിരിക്കുക ഇതിൽ ഇപ്പൊ നമ്മുടെ ശാസ്ത്രത്തിൽ ഇങ്ങനെയുള്ളതൊക്കെ കാണാം തത്തിലും അതുപോലെ വേദത്തിൽ തന്നെ അങ്ങനെ ഇങ്ങനെയുള്ള ഇപ്പം ധനമേജയന്റെ സർപ്പയജ്ഞം അതേ ഒരു യാഗം ചെയ്യുന്നു യജ്ഞം ചെയ്യുന്നു എല്ലാ സർപ്പങ്ങളെയും ഹോമകുണ്ടത്തിലേക്ക് ആവാഹിച്ച് അതിൽ വീഴാൻ പോന്ന യജ്ഞം ആ തരത്തിലാണ് ഹോമകുണ്ടത്തെ ഒരുക്കുന്നത് അങ്ങനെ ഈ ഇതിഹാസത്തിലും പുരാണത്തിലും കാണാം അതുപോലെ ഓരോരുത്തരെ ഓരോന്ന് ചെയ്യുന്നതിനായിട്ടുള്ള ഇതൊക്കെ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് അതിലൊക്കെ പലതും നമ്മൾ വേറെയും പലതും അറിയേണ്ടതുണ്ട് അത് സർപ്പം ഇങ്ങനെ പറന്നു വന്ന് ഹോമകുണ്ടത്തിലും ഇങ്ങനെ വീണോളണം എന്നൊന്നുമില്ല അതിൻ്റെ ഇന്നതായിരുന്നു അങ്ങനെയൊക്കെയുള്ള വിധത്തിൽ അങ്ങനെ ഉണ്ടാവാം ഇതിനിവിടെ പ്രതിവിധി ഇതാണ് ഒന്ന് നമ്മൾ ഇങ്ങനെ ഉള്ള ഒന്നിനും പോകാതിരിക്കുക നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഒരു ശത്രുവിനെ ആരെങ്കിലും പരനെ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ അവൻ്റെ ഉന്നമനത്തില് തനിക്ക് എന്തോ അത് പിടിക്കുന്നില്ല അതുകൊണ്ട് അവൻ നശിക്കണം ഏതെങ്കിലും വിധത്തില് ചിലർക്ക് ഇങ്ങനെയുള്ള ധാരണ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അതിന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഏത് ഈ ഒരു ചിന്തയായിരിക്കും എന്നെ ആരോ ചെയ്തിട്ടുണ്ട് അവര് ചെയ്തിട്ടുണ്ട് ഇവര് ചെയ്തിട്ടുണ്ട് അവര് ചെയ്തിട്ടുണ്ട് ഇവര് ചെയ്തിട്ടുണ്ട് നമ്മൾ ഗീതയിൽ പഠിച്ചുവല്ലോ ഉദ്ധരേത് ആത്മന ആത്മാനം ആത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ റിപുരാത്മന നമുക്ക് വല്ല കുട്ടിച്ചാത്തിനും പൂജ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ തന്നെയായിരിക്കും ഇവിടെ ഭഗവാൻ പറഞ്ഞു ഒരുവന്റെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ അവന്റെ സ്വഭാവമാണ് ഒരുവന്റെ ശ്രദ്ധയാണ് അവന്റെ സ്വഭാവം എന്ന് പറയാം ശ്രദ്ധയുടെ അടിസ്ഥാനം അതിനനുസരിച്ചിരിക്കും അവന്റെ സ്വഭാവം എന്ന് പറയാം ഇതാണ് അവനെ മൊത്തം ആവരണം ചെയ്തിരിക്കുന്നത് ആ ജീവാത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്നത് അവന്റെ ശ്രദ്ധയാണ് അതുകൊണ്ട് തന്നെ എന്താ ഇവൻ അവന്റെ ശ്രദ്ധ എങ്ങനെയാണോ അവൻ അതിനനുസരിച്ചിട്ടായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ ശ്രദ്ധ ഇതൊക്കെയാണെങ്കിൽ ഇപ്പൊ ഒരു ഇംഗ്ലീഷുകാരനെ സംബന്ധിച്ച് ഇങ്ങനത്തെ കുട്ടിച്ചാത്തനൊന്നും അവനൊരു പ്രശ്നമായി ഇനി അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ ചിലർക്ക് ചില വീട്ടിൽ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതിനെക്കുറിച്ച് പല ഗവേഷണങ്ങളും നടന്നിട്ടുണ്ടേ പല ഗവേഷണങ്ങളും ഉണ്ട് ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അറിയാം പണ്ട് ഇങ്ങനെ പലതും പറയും ഒടിമറിയാന്ന് പറയും കേട്ടിട്ടുണ്ടോ നിങ്ങൾ അതായത് ഒരാൾ വേഷം എന്താ പറയുക ശരീരം മാറും എന്നിട്ട് വല്ല പൂച്ചയുടെ ശരീരത്തിലൊക്കെ വരും എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവും ഇങ്ങനെയൊക്കെയാ ഇതൊക്കെ വെറുതെ സ്വാമി അങ്ങനെയൊന്നും അല്ല ഞങ്ങളെ ഓടി മറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെറുതെ വെളിച്ചം പറയുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഓടിമറിയാം അതുകൊണ്ട് നമ്മുടെ ഭഗവത്ഗീത ഉപനിഷത്തുകളൊക്കെ ഇതിനൊക്കെ ഇത്തരത്തിലുള്ള എല്ലാ ദുഷ് എന്താ ചിന്തകളെയും അഥമ വിചാരങ്ങളെയും ഒക്കെ ജയിക്കാൻ പോകുന്ന കരുത്ത് നമുക്ക് വേണം അങ്ങനെ ഒരു കുട്ടിച്ചാത്തനുണ്ടെങ്കിൽ എന്നാ ശരി വരട്ടെ എനിക്കൊരു കമ്പനിയായല്ലോ ഇതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ കുട്ടിച്ചാത്തനെ പറഞ്ഞു വിട്ടു എന്നാ ശരി ഉള്ളതുകൊണ്ട് ഓണം പോലെ വരിക കുട്ടിച്ചാത്തനും വരികയാണെങ്കിൽ വരട്ടെ ഏറാണെങ്കിൽ ഏറ് ചാത്തനേറാണെങ്കിൽ ചാത്തനേറും എന്തിനും നിങ്ങൾ റെഡി ആയിരിക്കണം ഇവിടെ ഈശ്വരൻ അല്ലാതെ വേറെ ഒന്നുമില്ല കുട്ടിച്ചാത്തൻ ഈശ്വരന്റെ രൂപത്തിൽ വരുന്നു വരട്ടെ നോക്കാം നമുക്ക് മുടക്കുന്നത് എന്തെങ്കിലുമൊക്കെ മുടക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ തന്നെ നടക്കട്ടെ നല്ലതിനായിരിക്കും മുടക്കുന്നത് നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ചോളാം ഹെഡിസനെ സംബന്ധിച്ച് ഓരോ വിലമെന്റും പരാജയപ്പെടുമ്പോൾ അദ്ദേഹത്തിനോട് അവസാനം അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം അവസാനം സഹപ്രവർത്തകൻ അദ്ദേഹത്തിനോട് പറയുമായിരുന്നു ഹോ ഇത്ര പരാജയം സംഭവിച്ചല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ ഇന്നന്ന വിധത്തിലൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള പാഠാണ് നമ്മൾ പഠിച്ചത് അല്ലാതെ പരാജയമല്ല എന്ന് പറയും ഇത്തരത്തിലൊന്നും വിലമെന്റ് ഉണ്ടാക്കാൻ യോഗ്യമല്ല എന്നുള്ള ഒരു പാഠം നമ്മൾ പഠിച്ചു ഇന്ന വിധത്തിലൊന്നും പറ്റില്ല അപ്പൊ ഓരോന്നും അതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന തിരിച്ചടിയായിട്ട് എടുക്കാതിരിക്കൂ ജീവിതത്തിലെ ഏതനുഭവങ്ങളും നമ്മളത് പ്രതികൂലമായിട്ട് എണ്ണുന്നത് കൊണ്ടാണെന്ന് പറയും മകൻ പത്താം ക്ലാസ് തോറ്റത് വല്ലവരും കൂടോത്രം ജപിച്ചിട്ടാണ് എന്ന് അതുകൊണ്ട് കുട്ടികളെയും കൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കും ആര് എന്തെങ്കിലും തന്നാൽ അത് മേടിച്ച് കഴിക്കരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എല്ലാവരും വിഷം ആര് തന്നാലും മേടിച്ച് കഴിക്കരുത് എന്നൊക്കുള്ളത് നല്ലത് തന്നെ അത് നല്ലതാ അങ്ങനെ പറയുന്നതൊക്കെ നല്ല ശീലങ്ങൾ തന്നെ നമുക്ക് ഇതിൽ നല്ലൊരു ശ്രദ്ധയുണ്ടെങ്കിൽ ഒരു കുട്ടിച്ചാത്തനും നമ്മുടെ അടുത്തേക്ക് വരില്ല നമ്മളായിട്ട് ഒരു കുട്ടിച്ചാത്തിൻ്റെ അടുത്തേക്ക് പോവാഞ്ഞാൽ മതി നിങ്ങൾക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരിക്കണം ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ പോലും പ്രകാശിക്കുന്ന സസ്യഭാഷാ സർവമിതം വിഭാതി എന്ന് പറഞ്ഞ ആ ഭഗവാനെയാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് പിന്നെ ഏത് കുട്ടിച്ചാത്തൻ എന്ത് കുട്ടിച്ചാത്തൻ പിന്നെ ഭഗവാൻ നോയിക്കോളെന്ന് പറയാം കൈവശം തന്നവനും അത് കൈവശം വയ്ക്കാൻ പോയവന്റെ ഒക്കെ കാര്യം അവരായിക്കോളെന്ന് പറയാം ഏതായാലും കൈവശം വയ്ക്കുന്നവന്റെ കയ്യിലാണല്ലോ ആദ്യം വശം വരിക എന്നിട്ടല്ലേ നിങ്ങളുടെ കയ്യിൽ വശം വരുള്ളൂ എന്തായാലും അതുകൊണ്ട് ഇത്തരം ചിന്തകളൊക്കെ ഒന്നാമത് ഈ ടി വിയിൽ ഇങ്ങനത്തെ ഓരോന്നിങ്ങനെ കാണുന്നുണ്ടേ ഈ മന്ത്രം ഇങ്ങനെ എടുത്തു വെച്ചിങ്ങനെ ഭും അവരി പെട്രോളാണെന്ന് ഇടന്ന് നിങ്ങൾ വിചാരിച്ചു ഇത് വേറെ എന്തൊക്കെയോ ആണെന്ന് ഇങ്ങനെ പൊടിയൊക്കെ എടുത്ത് അങ്ങനെ ഇടുമ്പോ ഈ വെടിമരുന്നില്ലേ അതിങ്ങനെ ഇടുന്നതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല വെടിമരുന്ന് കുറച്ച് തീയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ആളിക്കത്തും അത് വേണമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും അത്യുദാത്തമായ സിമ്പലുകളെയൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നതുണ്ടല്ലോ ഇപ്പൊ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ സിനിമയിലൊരു ചകന്ന കുറി ഒരു രുദ്രാക്ഷം അതൊക്കെ റൗഡിസത്തിന്റെ ചിഹ്നങ്ങളാണെന്ന് ഏറ്റവും വൃത്തികെട്ടവന്റെ ആഭരണങ്ങളാണ് അല്ലെങ്കിൽ ലക്ഷണങ്ങളാണ് ഇന്ന് ഭാരതത്തില് യോഗിയുടേതായിരുന്നു ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ സിനിമകളിലും അല്ലെങ്കിൽ റൗഡി ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ ഉണ്ടാവും കുറി അവന്റെ കഴുത്തിലും ഉണ്ടാവും ഒരു മൂന്നാല് രുദ്രാക്ഷം ഒക്കെ കയ്യിലും ഉണ്ടാവും രുദ്രാക്ഷം ശൂലും ഉണ്ടാവും വേണമെങ്കിൽ അന്ന് റൗഡിസത്തിന്റെ ഒരു സിമ്പലാണെന്ന് പറയാം അതേപോലെ ഈ ഇതൊക്കെ ചെയ്യാൻ വരുന്ന ആളെ കണ്ടിട്ടുണ്ട് അയാളുടെ ഉണ്ടാവും കുറെ രുദ്രാക്ഷവും അവരും അത്യാവശ്യം സംസ്കൃതമൊക്കെ പറയും മന്ത്രങ്ങളൊക്കെ ചില സമയത്ത് ചില മന്ത്രങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഈ സീരിയൽ ഉണ്ടാക്കുന്നവനും കഥ എഴുതുന്നവനും വല്ല മന്ത്രവും അറിയോ അതുമില്ല അവൻ ഗായത്രിയൊക്കെ പറഞ്ഞുകൊണ്ട് അഭിഷ്കരനാക്കുന്നത് ഓം ഭൂർ ഭൂർ സ്വ എന്താ അതൊക്കെ നല്ലോണം സ്വാധീനിക്കുന്നുണ്ട് നമുക്കറിയാം ഈ തിരുവനന്തപുരത്ത് നമ്മളന്ന് ഡൽഹിക്ക് പോകുമ്പം ശരിക്കും പറയട്ടെ ഡൽഹി എയർപോർട്ടിൽ നമ്മളാ ബോർഡിംഗ് പാസ് എടുത്ത് അങ്ങോട്ട് പോവുക ഇവിടെ തിരുവനന്തപുരം പെട്ടെന്നൊരു കുട്ടി നമ്മളെ കാണലും ഒറ്റ പോക്ക് അമ്മയുടെ അടുത്തേക്ക് പേടിച്ചു കൊണ്ട് എന്തോ സ്വാമിയാരുടെ എന്തോ ഇങ്ങനത്തെ എന്തോ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് കുട്ടി നടുങ്ങിപ്പോയി അതെ എന്തുകൊണ്ടാണ് അങ്ങനത്തെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് ആയിരിക്കണം അല്ലാതെ ആവില്ല പെട്ടെന്ന് കുട്ടിക്ക് അതുമായിട്ടായിരിക്കും ഈ അതായിരിക്കാം ഓർമ്മ വന്ന് പാവം ഇനി സ്വാമിയാർ എന്നെ എന്തെങ്കിലും ആക്കി കളയോ ഒറ്റ ഇടയിൽ പിന്നെ നമ്മളും പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ കരഞ്ഞ ഞാൻ സ്വാമിക്ക് പിടിച്ചു കൊടുക്കും നമ്മളെയൊക്കെ കാണിച്ചിട്ടാ ഓരോരുത്തരും കുട്ടികളെ അടക്കിയിരുത്തുന്നത് അതെ നിങ്ങക്ക് അടക്കിയിരുത്താനുള്ള ഒരു മാർഗ ഒരു വേഷമാണിത് അതേ സ്വാമിക്ക് കൊടുക്കും അങ്ങനെ ഒരിക്കൽ ട്രെയിനിൽ വെച്ചിട്ട് ഒരു സ്വാമികൾ കോഴിക്കോടുള്ള ചിദാനന്ദപുരി സ്വാമികൾ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വാമിജിയുടെ അനുഭവമായിരുന്നു സ്വാമിജി പറയുക അപ്പോൾ സ്വാമിജിയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇണ്ടാതിരുന്നു സ്വാമിക്ക് ഞാൻ കൊടുക്കുന്നു പിടിച്ചു കൊടുക്കുന്നു അപ്പൊ സ്വാമിജിക്ക് ഇത് മനസ്സിലായി സ്വാമിജി കുട്ടിയെ നോക്കി ഒന്ന് ചിരിച്ചു കുട്ടിക്കൊരു സംശയമുണ്ട് ഇത് എന്താ കിട്ടിയെന്ന് തോന്നുന്ന മട്ടിലാണ് ഏതായാലും സ്വാമിജി അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു തെരൂ അമ്മ ഇങ്ങോട്ടെന്ന് അത്രയും കൊണ്ട് പ്രതീക്ഷിച്ചില്ല തെരൂ ഇങ്ങട്ടെന്ന് പറഞ്ഞു അപ്പം അവർ എന്താ അല്ല എന്താ പറഞ്ഞതിപ്പം അമ്മയ്ക്കറിയോ അമ്മ ഏത് വസ്ത്രം ചൂണ്ടിയിട്ടാണ് പറഞ്ഞതെന്ന് നിർഭയത്തിൻ്റെ ചിഹ്നമാണിത് പിഞ്ചു മനസ്സിലേക്ക് ഈ കാഷായം ചൂണ്ടിയിട്ട് ഭയത്തെയല്ല കൊടുക്കേണ്ടത് വളർത്താൻ അറിയില്ല പ്രസവിക്കാൻ പാടില്ല അറിയോ പിന്നെ അവര് തലയും താഴ്ത്തി അവിടെ ഇരുന്നാ കാരണം സ്വാമി അങ്ങനെ പറയുന്ന ഒരു സ്വാമിജിയാണ് അപ്പൊ അവർക്ക് ചിലപ്പോ അങ്ങനെ തോന്നും ഇതെന്നെ പിടിച്ചു കൊണ്ടുപോകും നമ്മൾ പറയുക എങ്ങനെയാ സ്വാമിമാര് കുട്ടികളെ പിടിച്ചു ആസിഡ് ഒഴിക്കും മുട്ടയടിക്കും എന്നിട്ട് ഭിക്ഷ എടുക്കുക ഇവർക്കും ഈ ഭിക്ഷ എടുക്കലാണ് ഭിക്ഷ എടുക്കും അപ്പം പിഞ്ചു മനസ്സിലേക്ക് ഇത്തരത്തിൽ ചെറുപ്പത്തിൽ കാണുന്ന ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കണ്ട് അത് ശരിയാണെന്ന് കരുതി കഴിഞ്ഞാൽ ഈ വെള്ളിയാഴ്ച പ്രേതം എങ്ങനെ വന്നതാണ് നമുക്ക് ഈ ഈ നോവലിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ് ഹിച്ച് കോക്കിനൊക്കെ വലിയൊരു സ്വാധീനമുണ്ട് അപ്പൊ അവരൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട് വെള്ളിയാഴ്ചയും പ്രേതുമായിട്ട് ഒരു ബന്ധവുമില്ല പ്രേതം എന്ന് പറഞ്ഞാൽ പ്രകർഷണ കഥ മരിക്കുന്നതാണ് ശരീരം വിട്ടു പോകുന്നതാണ് എന്താ ഇപ്പൊ വെള്ളിയാഴ്ചക്ക് ഇത്ര വിശേഷം പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് എന്താ അതൊക്കെ അവർ തന്നതാണ് നമ്മൾ അതിലങ്ങനെ പിടിച്ച് പരമ്പരയാൽ ഇങ്ങനെ നിലനിൽക്കുക ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം മുറിക്കണം എന്ന് പറയാൻ ഇല്ലാതെയാക്കണം അതിന് ഈ ഒരു ശാസ്ത്രം നമ്മെ അനുഗ്രഹിക്കുന്നു അതിന് ശാസ്ത്ര അതിൽ നിന്നുള്ള കരുത്ത് അപ്പൊ ഭഗവാൻ ഈ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയുടെ അടിസ്ഥാനം ആ അതിനനുസരിച്ചാണ് നമ്മുടെ സ്വഭാവം അതാണ് നമ്മളെ ആവരണം ചെയ്തിരിക്കുന്നത് ആ സ്വഭാവത്തെയാണ് നാം ലോകമായിട്ട് അല്ലെങ്കിൽ ലോകത്തെ കാണുന്നതും അനുഭവിക്കുന്നതും തന്നെ തന്നെയാണ് യഥാദൃഷ്ടി തഥാ സൃഷ്ടി നാം എൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ലോകം എന്റെ കാഴ്ചപ്പാടിന് നിദാനമായി നിലകൊള്ളുന്നത് എന്തൊക്കെയാണ് ഞാൻ സമാഹരിച്ച് വെച്ചിട്ടുള്ളത് ഞാൻ കണ്ടതും കേട്ടതും വായിച്ചതും മറ്റുള്ളവർ പറഞ്ഞു വന്നതും പത്രത്തിൽ എന്ത് വന്നാലും സത്യമല്ലേ അതെ പത്രത്തിൽ എന്തടിച്ചു വന്നാലും നിങ്ങളത് സത്യമാണെന്ന് വിചാരിച്ചു പത്രം നാല് പത്രം എടുത്ത് ഒരുമിച്ച് വെച്ച് വായിച്ച് നോക്കൂ അതിൽ ചെറിയൊരു എന്തൊക്കെയോ ഒരു കുഴപ്പം തോന്നുന്നു നമുക്ക് ഇപ്പൊ പിന്നെ അതിൻ്റെ ദൃശ്യം നേരിട്ടുള്ള ദൃശ്യങ്ങളും കൂടെ ഉണ്ട് അപ്പം എന്തോ ആവട്ടെ ഏതായാലും നമ്മൾ നമുക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കണം അതൊരാൾ പറഞ്ഞാലും ഇളകുന്നതായിരിക്കല്ല അതുകൊണ്ട് ഭഗവാൻ തൊട്ട് മുൻപ് പറഞ്ഞത് അധ്യായത്തിൽ തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യകാര്യ വ്യവസ്ഥയിൽ ഇതെപ്പോഴും നമ്മൾ ഓർക്കുക ഉപനിഷത്തിൻ്റെയൊക്കെ ആ കരുത്തുണ്ടല്ലോ വിവേകാനന്ദ സ്വാമികൾ പറയുന്നു ഞാനിതിൽ കരുത്ത് മാത്രമേ കാണുന്നുള്ളൂ അപ്പൊ ആ ഗീത സ്വാമിജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉപനിഷത്തുകളാകുന്ന പുഷ്പങ്ങളെ ഉപനിഷത്തുകളിലെ പുഷ്പങ്ങളെ എടുത്ത് ഒരു ബൊക്കയാക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതാണ് ഗീതാന്ന് വിവേകാനന്ദ സ്വാമികൾ ഭഗവത്ഗീതയ്ക്ക് കൊടുത്ത ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ് ഉപനിഷത്തുകളാകുന്ന പൂക്കൾ അതെടുത്ത് ഒരു ബൊക്കയാക്കിയാൽ എങ്ങനെ ഇരിക്കും അതാ ഇതായിരിക്കണം നമുക്ക് നമ്മെ അനുഗ്രഹിക്കുന്നത് അല്ലാതെ വേറെ കുട്ടിച്ചാത്തെന്ന് കേട്ടി അവിടേക്ക് തൃശ്ശൂർ പോയിന്ന് അവിടെ പോയിട്ട് ഏതോ ഒരു മഠം ഉണ്ട് അവിടെ കുറച്ച് നേരം ഇരിക്കുക എന്നിട്ട് അതിന് പ്രതിവിധി കണ്ടെത്താം ആരാണ് എന്നെ ഇത് ചെയ്തത് ആര് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ അവരുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നേ ഉള്ളൂ അവർ കാശിങ്ങനെ ചെലവാകുമ്പം അവർക്ക് തോന്നും നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നില്ല അവർ മതിയാക്കും പക്ഷേ നമ്മൾ എന്തിനും തയ്യാറാവണം എന്തിനും തയ്യാറാവാൻ നമ്മൾ റെഡിയാവണം നമ്മളെ സംബന്ധിച്ച് നാം എണ്ണുന്നു ഓരോന്ന് വരുമ്പോൾ ഇതെൻ്റെ താഴ്ചയാണ് താഴ്ചയാണ് താഴ്ചയാണ് എനിക്കൊരു ഉയർച്ചയും ഇല്ലല്ലോ ഒന്നും എൻ്റെ ഉയർച്ചയ്ക്ക് എൻ്റെ താഴ്ചയ്ക്ക് എന്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ആരോ ഉണ്ട് തനിക്ക് ഉയരാൻ വേണ്ടത് താൻ ചെയ്യുന്നുണ്ടോ അതുമില്ല അതുകൊണ്ട് ഉദ്ധരേ ആത്മനാത്മാനം എന്നുള്ളത് ഓർമ്മയിരിക്കട്ടെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പതിനേഴാം അധ്യായം ശ്രദ്ധാത്രയം ഈ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭഗവാൻ പറയുന്നു ആരാണ് അസുരന്മാര് അശാസ്ത്രവിഹിതം ഘോരം ശാസ്ത്രവിഹിതമല്ലാത്ത കോരമായ ഭയങ്കരമായ തപസ്സിനെ ചെയ്യുന്നു എന്നിട്ടോ ആസുര നിശ്ചയാൻ ഏവ വിധി അവരെ ആസുര ബുദ്ധികളെന്ന് അർജുന അറിഞ്ഞാലും നമ്മളൊരിക്കലും അങ്ങനെ ആവാതിരിക്കട്ടെ നമ്മുടെ ചെയ്തികളൊന്നും അത്തരത്തിലുള്ളതാകരുത് എന്ന് പറയാം ഇനി പറയുന്നു ഇവ ഇവരുടെ ആഹാരങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇവർ കഴിക്കുന്നത് അതും കൂടെ വേണമല്ലോ ആഹാരമാണ് ഇത്തരത്തിലുള്ള സ്വാ ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നത് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാ കഴിക്കുന്നുണ്ട് നോക്കാം ആഹാര ത്രിവിധോ ആഹാര ത്രിവിധ യജ്ഞ തപ താനം തോം ഭേദം ഇമം ൃണു ഭഗവാൻ പറയണു സർവസ്യ പ്രിയ ആഹാര അഭി സർവസ്യ എല്ലാവർക്കും പ്രിയമായിട്ടുള്ള ഇഷ്ടമായിട്ടുള്ള ആഹാര അഭി ആഹാരം പോലും തു ത്രിവിധ അത് മൂന്ന് തരത്തിലാണ് ഓരോരുത്തർക്കും ആഹാരം മൂന്ന് വിധത്തിലാണെന്ന് പറയും ഏതൊക്കെയാണത് അതുപോലെ തന്നെ തഥാ അപ്രകാരം യജ്ഞ യജ്ഞവും മൂന്ന് വിധത്തിലാണ് തപഹ തപസ്സും മൂന്ന് വിധത്തില ദാന ദാനവും ത്രിവിധ മൂന്ന് തരം തേശ അതിൻ്റെ ഭേദം വ്യത്യാസത്തെ എങ്ങനെ ഇത് ഭേദപ്പെട്ടിരിക്കുന്നു വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ശൃണു കേട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഭഗവാൻ പറയാൻ പോകുന്നത് ഇവരുടെ ആഹാരം വേറെയാണ് മൂന്ന് ഇവരുടെ യജ്ഞം മൂന്ന് ഇവരുടെ ദാനം മൂന്ന് വിധത്തില ഇവരുടെ തപസ് മൂന്ന് വിധത്തില്ല ഇങ്ങനെ പല വിധത്തിലാണ് ഇവര് ഭക്ഷണം കഴിക്കുന്നതും ദാനം ചെയ്യുന്നതും തപസ് ചെയ്യുന്നതും ഒക്കെ ഏതായാലും ഇവരുടെ ഭക്ഷണാദികൾ ആദ്യം ഭഗവാൻ വിസ്തരിക്കുന്നു ഇവരുടെയൊക്കെ ഒരു മെനു കാർഡ് ഉണ്ട് എന്ന് പറയാം കേൾക്കുമ്പോ പേടിക്കേണ്ട മറ്റുള്ളവരെ നോക്കാനുള്ളതല്ല നമ്മളെ നോക്കാനുള്ളതാണ് ശരി പോവാം മുന്നോട്ട് सत्व सत्बल सुख प्रीतिवर्धना हृद्या सात् आयुसत्बलारो्य सुख प्रीतिवर्धना रिया स्निग्धा स्थिरा हृदय आहारा സാത്വികപ്രിയഹ സാത്വിക പ്രിയന്മാര് എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്ന് ആദ്യം പറയുന്നു സത്വഗുണ പ്രധാനികൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണത്തെ എന്താണ് അവരുടേത് ആയുസ് സത്വ ബലാരോഗ്യ സുഖ പ്രീതി വിവർദ്ധനാഹ ആയുസ് അതുപോലെ ആയുസ് എന്ന് പറഞ്ഞാല് ജീവിതകാലം പ്രാപിക്കുന്നത് ആയുസ് എന്ന് പറഞ്ഞ ജീവിതകാലം പ്രാപിക്കുന്നത് ജീവി ജീവനെ നിലനിർത്തുന്നത് കൊണ്ടുപോകുന്നത് ആയു ഏത് രീതി ആയു എന്നാണ് പ്രാപിക്കുന്നത് അതിന് പിന്നെ എന്താ ഓജസ് പറഞ്ഞിട്ടുള്ളതാണ് തേജസ്സാണ് ഓജസ് ആയിട്ട് മാറുന്നത് എന്ന് പറഞ്ഞ വീണ്ടും ഇന്ദ്രിയങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നത് ഇന്ദ്രിയ ഇന്ദ്രിയങ്ങൾക്ക് ഊർജ്ജം പകരുന്നത് ഓജസ് ബലം ബലം കൊടുക്കുന്നത് ആരോഗ്യം ശരീരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാവം സുഖാവസ്ഥ ആരോഗ്യം സുഖം അതുപോലെ തൃപ്തി ആ തൃപ്തി ഇതിന് ഇത്യാദികളെ വർധനാഹ വർദ്ധിപ്പിക്കുന്ന എന്തൊക്കെയാണ് ആഹാരം എന്തിനായിട്ടുള്ളതാണ് പറയണം ഇതിനൊക്കെ ഉള്ളതാ ആയുസ് ഓജസ് ബലം സുഖം തൃപ്തി ഇതിനെ വർദ്ധിപ്പിക്കുന്നത് ആരോഗ്യം എന്ന് പറയുമ്പം ഈ ത്രിദോഷങ്ങളുടെ സാമ്യാവസ്ഥ എന്നാണ് ആയുർവേദത്തിലും ആരോഗ്യത്തിൻ്റെ ലക്ഷണം പറയുന്നത് അങ്ങനെയാണ് വാതപിത്ത ഖപത്തിൻ്റെ സാമ്യാവസ്ഥ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ എന്ന് പറയാൻ അരോഗ അരോഗ്യ ഭാവോഗ്യം അതാണ് അരോഗം രോഗമില്ലാത്തവന്റെ ഭാവത്തെയാണ് ആരോഗ്യം എന്ന് പറയുക സ്ഥിരാഹ സ്ഥിരാഹ എന്ന് പറഞ്ഞാൽ മാംസത്തിന് പുഷ്ടി ഉണ്ടാക്കുന്നത് മാംസത്തിന് പുഷ്ടി സ്ഥിതി രാതി ഇതി സ്ഥിരാഹ നിലനിൽപ്പിന് കൊടുക്കുന്നത് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉള്ളതാണ് നിലനിൽപ്പിന് കൊടുക്കുന്നത് പിന്നെയോ ഹൃദ്യഹ ഹൃദ്യങ്ങൾ ഹൃദയസ്യ പ്രിയമിതി ഹൃദയത്തിന് തൃപ്തിയുള്ളത് കഴിക്കുമ്പോ അതിൻ്റെ പൂർവാശ്രമം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പ ഓക്കാനം വരും അങ്ങനെ ഇല്ലാത്തത് ഹൃദയത്തിന് തൃപ്തിയുള്ളത് അങ്ങനെയുള്ള എന്തൊക്കെയാ ഉള്ളത് അതിനെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ അപ്പം ഹലുവ ഹലുവ ഉണ്ടാക്കുന്ന ഇടം സ്വാമി കണ്ടിട്ടുണ്ട് ആളുകൾ കഴിക്കുക അത്ര കോഴിക്കോടൻ ഹലുവ മത്തിക്കറിയും ഹലുവയും കൂടെ എങ്ങനെ ഉണ്ടാവും അതൊക്കെ അവരുടെ ഭക്ഷണം പറയാൻ പോകുന്നുണ്ട് അങ്ങനത്തെ കോമ്പിനേഷനൊക്കെ ഉണ്ടാവുന്ന ചോദിച്ചാൽ അതൊക്കെ ഉണ്ട് അത്ര പലതും ഇപ്പൊ കപ്പ കോട്ടയത്ത് കപ്പയും ലഡുവും കഴിക്കും അത്ര ലഡു ലഡു അറിയില്ലേ പലതുണ്ട് പല അതൊക്കെ വരാൻ പോകുന്നു അത് കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ പൂർവാശ്രമം അന്വേഷിച്ചാൽ പൂർവാശ്രമം എന്ന് പറഞ്ഞാൽ അത് വരുന്നത് കണ്ടാൽ അത് ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ജമ്മത്ത് അലവഴിക്കുക അവിടെയാണ് എലാ എലിയും പെരിച്ചാഴിയും അയ്യോ അതിനെ ആ പെട്ടിയിൽ അവരൊരു പെട്ടിയുണ്ട് ഉണ്ടാക്കി അന്ന് അത് കഴുകിയിട്ടുണ്ട് കഴുകുന്ന കഴുകാൻ പറ്റില്ലേ അത് അങ്ങനെയാണ് അതിൻ്റെ ആ നിൽപ്പ് പിന്നെ അത് കൊണ്ടിടുന്നതും അത് കയറ്റുന്നതും എല്ലാം എന്തെങ്കിലും ഹലുവക്കാരൊക്കെ ഉണ്ടെങ്കിൽ സ്വാമിയെ പിടിക്കും അത് ഉണ്ടാക്കുന്നതുണ്ട് പപ്പടം ഇടിക്കുന്നതുണ്ട് പപ്പടം അങ്ങനെ ഇട്ടിച്ച് ഇട്ടിച്ച് ഇട്ടിച്ചിടിച്ച് ഇടിച്ച് ഇടിച്ച് അയാൾക്ക് ഇങ്ങനെ വേർക്കുമ്പം അങ്ങനെ തന്നെയാ ഈ പണികളൊക്കെ ചെയ്യുമ്പോ നല്ല വിയർപ്പായിരിക്കും അവർക്കൊരു മൊത്തത്തിലൊരു വടിക്കലുണ്ട് അതെ പിന്നെ ആ റോ റോട്ടിൽ അത് ഉണക്കാനിടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴൊക്കെ കുറേ മാറ്റം വന്നു റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ ഉള്ള എല്ലാ പൊടിയും അതിലുണ്ടാവും പപ്പട നിർമ്മാണമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള അതിൻ്റെ അത് അന്വേഷ അതായത് ഒരു ഭക്ഷണം ഇവിടെ പറയുന്നത് ഇതാണ് ഏത് ഭക്ഷണത്തിൻ്റെയും അതിൻ്റെ ആരംഭം മുതൽ അത് പാകപ്പെട്ട് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സറിയുമ്പോൾ ഹൃദയത്തിന് നമ്മുടെ മനസ്സിന് യാതൊരു വേവലാദികളും കൂടാതെ കഴിക്കാൻ പറ്റുന്നത് നമ്മളിത് കഴിക്കുക എന്താന്നറിയാ പറയാ അങ്ങനെയൊക്കെ നോക്കിയാ ജീവിക്കോ അല്ലേ എന്നും പറഞ്ഞിട്ടാ കഴിക്കുന്നത് പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന പല ഇപ്പോഴൊക്കെ കുറെ കൂടെ ഇതൊക്കെ വന്നു അയ്യാ ബിസ്ക്കറ്റ് കാണണം ബിസ്കറ്റ് കമ്പനികളൊക്കെ കണ്ടു കഴിഞ്ഞാ നിങ്ങള് ോക്കൽ ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ട് നമുക്കറിയോ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിന്റെ രഹസ്യം സ്വാമി പറഞ്ഞു തരാം അതെ ഈ ചപ്പാത്തിയില്ലേ ചപ്പാത്തി ഈ ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ മെയിൻ ഭക്ഷണം റൊട്ടിയാണ് റൊട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി അവിടെ പനി പിടിച്ചാൽ കഴിക്കുന്നതല്ല ചപ്പാത്തി ഈ ബോംബെയിൽ ഫ്ലാറ്റുകളാണല്ലോ അപ്പം അവിടെ എന്ത് ബാക്കി വന്നാലും കച്ചറ ഡബ്ബ ഉണ്ട് അവരുടെ കച്ചറവാലയുണ്ട് കച്ചറ ഡബ്ബ നമ്മളതിലിട്ടിട്ട് അത് പുറത്തിട്ടു ഇത് മുഴുവൻ കളക്ട് ചെയ്യുന്ന ആളുകളുണ്ട് എല്ലാ ഇതും അവിടെ നമ്മളെപ്പോലെ കോഴി നായ അങ്ങനെയുള്ളതൊന്നുമില്ല അവല്ലാം രാവിലെ വന്നു കഴിഞ്ഞാൽ കച്ചറവാല വന്നു കഴിഞ്ഞാൽ അവനെടുത്ത് കൊണ്ടുപോകും അതെല്ലാം കൂടെ എടുത്തിട്ട് അവരുടെ വേറൊരു കൊട്ടയ ആ വണ്ടിയുണ്ട് പിന്നെ കോർപ്പറേഷൻ ഇത് കൊണ്ടുപോകും ബോംബെയിലൊരു ബിസ്ക്കറ്റ് ഫാക്ടറിയെ പൂട്ടിയതാണ് അപ്പോഴാണ് അതിൻ്റെ ഇത് വന്നത് അപ്പം വളരെ രസമാണ് ഈ ചപ്പാത്തി മുഴുവൻ കളക്ട് ചെയ്യുന്ന ആളുകൾ ഇതിലെ ചപ്പാത്തി എടുത്ത് ആ മുഴുവൻ ചപ്പാത്തികളും എടുത്തിട്ട് അതിനെ ഒന്നുണക്കും ഉണക്കിയിട്ട് അതിനൊരു എന്താ പറയുക ഒരു പൊടിക്കലാണ് അതാണ് ബിസ്ക്കറ്റ് ബിസ്കറ്റ് രൂ ബിസ്ക്കറ്റ് രൂ അത് കാഴ്ചക്കേ ബിസ്ക്കറ്റ് രൂപത്തിലുണ്ടാവും പിന്നെ കുറച്ച് നിറവും അതും ചേർത്ത് അതിൽ കുറച്ച് ഈ സാക്രണും പഞ്ചസാര അതും ഇതൊക്കെ വിതറി നല്ല പാക്കറ്റിലായി വരുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ബേക്കറി സാധനങ്ങളൊക്കെ കഴിയുന്നതും നല്ല ബേക്കറി നടത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സ്വാമിയുടെ കാര്യം വലിയ ബേക്കറി സാധനങ്ങൾ കഴിയുന്നതും ഉപേക്ഷിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് അതിൻ്റെ ഒന്നും പൂർവ എന്താ പറയുക പൂർവാശ്രമം നമുക്ക് പിടിയിട്ടില്ല നമ്മളിങ്ങനെ ഇതൊക്കെ കാണും എന്താ ഇത് പാചകമൊക്കെ ചെയ്യുന്നതൊക്കെ അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം ഈ മോഡേൺ ബ്രെഡ് ഉണ്ടാക്കുന്നത് നമുക്ക് അതിനകത്ത് പോയി കഴിഞ്ഞാൽ കാണാം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇല്ലേ അപ്പൊ അത് കഴിക്കാൻ തോന്നും അത് അവിടെ പിന്നെ സംശയമൊന്നും തോന്നില്ല പക്ഷെ എല്ലാം അങ്ങനെയല്ല അപ്പം ഇവിടെ പറയുന്ന ഹൃദ്യഹ എന്ന് പറയുമ്പം ഹൃദയത്തിന്റെ തൃപ്തി ഹൃദയസ്യ പ്രിയം ഇതി ഹൃദ്യം ഹൃദയത്തിന് പ്രിയമായത് ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നമ്മൾ എത്ര നല്ല ഭക്ഷണമാണെങ്കിലും നമ്മുടെ അതിലൊരു തലമുടി കണ്ടുകഴിഞ്ഞാലോ ആരുടെയാണ് പ്രിയം പോകുന്നത് ഹൃദയത്തിൻ്റെ അങ്ങനെയുള്ളത് കഴിക്കരുത് കഴിച്ചാൽ ബുദ്ധിമുട്ട ചില സമയത്ത് അതിങ്ങനെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും നൂല് പോയിട്ട് കുടുങ്ങിയത് പിന്നെ അതിങ്ങനെ പിടിച്ചെടുക്കണം പിടിച്ചാൽ കിട്ടുക കിട്ടൂല്ല ഇല്ലേ ചിലപ്പം അതോ നല്ല നീളുള്ള മുടിയൊക്കെ ആയിരിക്കാം അപ്പൊ പിന്നെ ആരുടെയാണെന്നുള്ള തർക്കമാണ് ചെറുതാണെങ്കിൽ പിന്നെ നിങ്ങളുടെ തലേന്ന് തന്നെ വിണതാന്ന് പറയാം തലയിൽ മുടി വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു എന്നാൽ അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെതൊക്കെയാകുമ്പോൾ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുളിക്കുന്നവരാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അതിലങ്ങനെ വന്ന് വീഴാനുള്ളതൊന്നുമില്ല പക്ഷെ ഹൃദയത്തിന് എന്തോ വേണ്ട മതി എനിക്ക് വേണ്ട പിന്നെ സ്ഥിരമായിട്ട് കിട്ടാൻ തുടങ്ങുമ്പോൾ അവരത് അങ്ങോട്ട് മാറ്റിവെക്കുക നീ ആ പേപ്പർ വെയറ്റ് ഇങ്ങോട്ട് എടുക്കാൻ പറയും ഇന്ദിരാ മുടി ഒന്ന് വെക്കാം കാരണം ഇനി പാറി വിഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേസ്റ്റ് പ്ലേറ്റ് വേണ്ട പേപ്പർ വെയ്റ്റ് വെക്കാൻ അപ്പൊ ഹൃദ്യങ്ങളായിട്ടുള്ളതേ അതാണ് അവർ കഴിക്കുന്നത് ആര് സാത്വികന്മാര് ഇപ്പൊ സാത്വികന്മാര് കഴിക്കുന്ന ആഹാരങ്ങളുടെ എങ്ങനെ എവിടെ നിന്ന് വന്നു എന്നവരന്വേഷിക്കും രാമകൃഷ്ണദേവൻ ഈ കാര്യത്തിൽ വളരെ നിഷ്ഠയുള്ള ആളായിരുന്നു എല്ലാവരും കൊടുക്കുന്നത് കഴിക്കില്ല അതായത് എന്റെ വീട്ടിലേക്ക് ആശ്രമത്തിലേക്ക് പലരും കൊണ്ടുവരും കഴിക്കില്ല എന്ന് പറയാം അതൊന്നും അപ്പനെ എനിക്ക് പറ്റില്ല എന്ന് പറയും ഒക്കെ വിവേകാനന്ദ സ്വാമികൾക്ക് കൊടുക്കുന്ന അതെന്താ കുഴപ്പമില്ല എന്ന് രാമകൃഷ്ണദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അഗ്നിയാണ് അതിൽ ദഹിക്കാത്ത ഒന്നുമില്ല അങ്ങനെയാ അപ്പം സാത്വികപ്രിയാഹ ഇവ ഇതാണ് സാത്വികപ്രിയന്മാരുടെ ഭക്ഷണം അപ്പം അവർ എങ്ങനെയുള്ളതാണ് കൂടുതൽ കഴിക്കുക കൂടുതൽ എലക്കറികൾ പഴവർഗങ്ങൾ ഇതിലൊക്കെ ഈ എലക്കറികളിലും പഴവർഗങ്ങളിലും ഈ പറഞ്ഞിട്ടുള്ള എല്ലാമുണ്ട് സ്നിഗ്ധാഹ രസ്യാഹ സ്ഥിരാഹ ഹൃദ്യാഹ നിങ്ങളൊരു ഒരു പഴം ഒരു മാങ്ങ തന്നെ െത്തുന്ന സമയത്ത് ആ മാങ്ങക്കുള്ളിൽ ഒരു പുഴുവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇതൊന്നും തോന്നില്ല ആ പുഴു വരാത്തതിലൂടെ ഒരു കട്ട് ചെയ്തിട്ട് നമ്മൾ അതും കൂടെ എടുത്ത് കഴിക്കും കാരണം നമുക്കറിയാം കുഴപ്പമില്ല നിങ്ങൾ മാംസം മേടിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു പുഴു അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇപ്പൊ സർക്കാർ പറഞ്ഞിട്ടുണ്ട് കഴിച്ചോളാം കോഴിയിറച്ചി കഴിച്ചോളാം അതുകൊണ്ടിപ്പം എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ് കേട്ടു കോഴിക്കോട് സൗജന്യമായിട്ട് ആരോ ഈ എന്താ കോഴി തൊഴിൽ കോഴി തൊഴിലാളികളല്ല എന്താ പറയുക ഈ കോഴി ഇറച്ചി വിൽക്ക് അതിൻ്റെ മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് സൗജന്യമായിട്ട് കൊടുത്തു അത്ര എത്രയോ ആയിരം പേർക്കോ അങ്ങനെ എത്രയോ അതൊക്കെ മേടിച്ചു ഇവർക്കൊന്നും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും പനിയില്ല കാരണം അത് ഒരു കിലോന് രൂപയിലേക്ക് വന്നു എങ്ങനെ എന്ത് ചെയ്യും അപ്പം സാത്വികന്മാരുടെ ആഹാരം ഇതാ ഇതാണ് ഇനി രാജസന്മാരോ ദാ പറയുന്നു തീക്ഷണ രൂക്ഷ വണാത്യുഷ്ണ തീക്ഷണ ആഹാര രാജസ്യഷ്ടുഃഖശോകമയപ്രദ കട്ട്ലവണാത്യുഷ്ണ തീക്ഷണൂക്ഷവിദാഹിന കട്ടു എന്ന് പറഞ്ഞ ആദ്യമായിട്ടുള്ള എരിവ് പോരാന്ന് പറഞ്ഞു അങ്ങനെ ചോക്ക ചോക്ക എന്ന് പറഞ്ഞു വേണം കറിയൊക്കെ ഇങ്ങനെ കാണുമ്പം കണ്ണു പുകയും അങ്ങനെ വേണം അവരിങ്ങനെ ഇത് ഇതിന്റെ കൂട്ടത്തിൽ പച്ചമുളകും കയ്യിലുണ്ടാവും അങ്ങനെ കടിച്ചിട്ട് പിന്നെയോ പുളി എരിവ് പുളി ഉപ്പ് ചൂട് ഇതൊക്കെ കൊഴുപ്പൊന്നും ഉണ്ടാവില്ലേ അതിൽ അതിങ്ങനെ എന്താ പറയുക ജ്യൂസ് പോലെ ഉണ്ടാവും വെള്ളം ആ ചക്കുന്നിട്ടാണ് ആ ചൂട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വേ വേവുന്നതായിരിക്കും എടുത്ത് കഴിക്കുക പാത്രത്തിൽ നിന്ന് തന്നെ എടുത്തിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു അത്രയും ചൂടുള്ളത് അത്രയും എരിവുള്ളത് അത്രയും പുളിയുള്ളത് ഉപ്പ് ഇതൊക്കെ കൂടുതലുള്ളതായിട്ടുള്ളതിനെ അവരെന്ത് ചെയ്യുന്നു കഴിക്കുന്നു എന്ന് പറയാ പിന്നെയോ അതെന്താണ് ദുഃഖശോകമായ പ്രതാഹ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് മൂക്കിലൊക്കെ ഇങ്ങനെ ഉറ്റാൻ തുടങ്ങും ചുണ്ടൊക്കെ ഇങ്ങനെ ചുകന്നു കണ്ണൊക്കെ ആ കൈ കുട്ടികളെ താലൂലിച്ചു കുട്ടികൾക്ക് പോകുകയും അറിയാതെ കുട്ടിയുടെ ചുണ്ടിലോ കണ്ണിലോ ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് മതി ദുഃഖത്തെയും ശോകത്തെയും മോഹത്തെയും ഉണ്ടാക്കുന്നത് ആഹാരാഹ അത്തരത്തിലുള്ള ആഹാരങ്ങൾ രാജസസ്യ ഇഷ്ടാഹ രജോഗുണിക്ക് ഇഷ്ടങ്ങളായിട്ടുള്ളതാണ്